എല്ലാവർക്കും എൻ്റെ പ്രണാമം അർജുന വിഷാദത്തോട് കൂടിയാണല്ലോ ഗീത ആരംഭിക്കുന്നത് ഇന്ന് ലോകം മുഴുവൻ ഈ അർജുന വിഷാദത്തിൽ ആണ്ട് കിടക്കുകയാണ് ലോകത്ത് ഒരു പ്രത്യേക ഭാഗം എന്ന് പറയാനില്ല ലോകം മുഴുവൻ ആരാണ് ഈ അർജുനൻ യുദ്ധവീരൻ ഇടത് ഇടത് കൈകൊണ്ട് അമ്പയിത് ശത്രുവിനെയും ജയിക്കാൻ കഴിവുള്ളവൻ സവ്യസാചി അതുകൊണ്ടാണ് അർജുനനെ സവ്യസാചി എന്ന് വിളിക്കുന്നത് ഈ അർജുനൻ കൗരുകന്മാരോട് പകുതി രാജ്യം ചോദിച്ചു കൊടുക്കില്ല എന്നാൽ അഞ്ച് പേർക്കും കൂടെ താമസിക്കാൻ ഒരു ഭൂവിഭാഗം കൊടുക്കാമോ കൊടുക്കില്ല അഞ്ച് വീട് കൊടുക്കാമോ കൊടുക്കില്ല അമ്മയ്ക്കും അഞ്ച് പേർക്കും കൂടെ താമസിക്കാൻ ഒരു വീട് കൊടുക്കാമോ കൊടുക്കില്ല അതാണ് ഇന്നും അതാണ് പലയിടത്തെയും സ്ഥിതി എന്ന കൃഷ്ണൻ പറഞ്ഞു എന്നാൽ യുദ്ധം നടക്കട്ടെ അങ്ങനെ തീരുമാനിച്ചുറച്ച് യുദ്ധക്കളത്തിൽ വന്നയാളാണ് പതിനേഴ് അക്ഷകൂഹി പട ഒരു അക്ഷകൂഹി എന്നൊക്കെ വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ വയ്യാത്ത യുദ്ധം ഭടന്മാരുള്ള ഒരു സേനാ വിഭാഗമാണ് അങ്ങനെ യുദ്ധകളത്തിൽ വന്നു തന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി കണ്ടു കണ്ടപ്പോ എല്ലാവരും തൻ്റെ ബന്ധുക്കളാണ് ബന്ധുക്കൾ സ്നേഹിതന്മാർ പ്രിയപ്പെട്ടവർ സ്വജനം അർജുനനാകെ തളർന്നു ഏത് ശത്രുവിനെയും ജയിക്കാൻ നിസ്സാരമായി ജയിക്കാൻ കഴിവുള്ള ഒരാളാണ് അർജുനൻ നേരത്തെ ഒരസുഖവും ഇല്ലായിരുന്നു ഇപ്പം ഈ തളരുന്നവർ നമ്മൾ ദിവസേന പത്രം നോക്കിയാൽ കണം കുഴഞ്ഞു വീഴുന്നവർ എലക്ഷന് ചെന്നപ്പോൾ കുഴഞ്ഞു വീണവർ അവരിൽ പലരും നേരത്തെ തന്നെ ചില അസുഖങ്ങൾ ഉള്ളവരാണ് ബ്ലഡ് പ്രഷറോ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉള്ളവരാണ് അതോടൊപ്പം അല്പം ടെൻഷനുള്ള ഒരു രംഗത്തെത്തിയപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വീണ് പോകുന്നു നിലനിറച്ച് അർജുനന് അങ്ങനെ ഓരോ അസുഖവും ഇല്ലാതെ അതീവ മല്ലവാൻ നല്ല ദൃഢബുദ്ധി അതൊക്കെ കഴിഞ്ഞാണ് അർജുനൻ രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ മുമ്പിൽ യുദ്ധത്തിന് നിൽക്കുന്നവർ സ്വജനമാണ് സ്വജനം സ്വന്തം ആളുകൾ വേറെ വല്ലവരുമായിരുന്നെങ്കിൽ തിരക്കടില്ലായിരുന്നു അർജുനൻ തളർന്നു കൃഷ്ണനോട് പറയുകയാണ് ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുത്സും സമുപസ്ഥിതം ശ്രീഗന്ധി മമകത്രാണി മുഖം ച പരിശുഷ്യത കൃഷ്ണ ആരൊക്കെയാണ് ഈ മുമ്പ് യുദ്ധത്തിന് നിൽക്കുന്നത് സ്വജനം ഗുരുക്കന്മാർ അപ്പൂപ്പന്മാർ ബന്ധുക്കൾ ഋഷ്വേവം കൃഷ്ണ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക യുയുത്സും സമുപസ്ഥിതം സീഗന്തി മമഗാത്രാണി എൻ്റെ ശരീരാവയവങ്ങൾ മുഴുവൻ കഠിനമായി വേദനിക്കുന്നു അതൊരു വേദനയൊന്നുമില്ലായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ ശരീരത്തിനാകെ വേദന സീതന്തിമത്രണേ മുഖം ച പരിശുഷ്യത്തെ മുഖമങ്ങനെ വാടി വരളുന്നു വേപധുസ്ഥ ശരീരമേ രോമഹർഷായത്തെ എൻ്റെ ദേഹം മുഴുവൻ വിറയ്ക്കുന്നു കൃഷ്ണ ഇത്ര പെട്ടെന്ന് ഈ ലോകവീരൻ്റെ ശരീരം മുഴുവൻ വേറെ നമ്മൾ ഈ ഭാഗമൊന്നും അധികം ശ്രദ്ധിക്കാറില്ല സാരമില്ല അർജുനൻ്റെ വിഷാദമല്ല വായിച്ചു പോകാം ഇവിടുമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അർജുന വിഷാദ യോഗമാണ് ഗീതയിലെ ഏറ്റവും പ്രധാനമായ അധ്യായം എന്താ കാര്യം അതില്ലെങ്കിൽ ഗീതയെ വരുമായിരുന്നില്ല അപ്പോൾ ശ്രീതന്തി മമഗാത്രാണി മുഖം ചെ പരിശുഷ്യത്തി എൻ്റെ മുഖമൊക്കെ പാടി വരളുന്നു വേപദുഷ്ട ശരീരേമേ രോമഹർഷ സ്ഥായോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കുന്നു എന്താ കൃഷ്ണ ഗാന്ഡീപം ശ്രംസത്തെ ഹസ്ത നേരം പോണോ ഈ അഗ്നി സമ്മാനിച്ച ദിവ്യമായ വില്ലാണ് ഗാന്ഡീപം ഇതെടുത്ത് കൊലച്ചാണ് യുദ്ധം ചെയ്യേണ്ടത് പക്ഷേ കൃഷ്ണ ഗാന്ധിയു എൻ്റെ കയ്യിൽ ഞാൻ ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല അതിതാ വഴുതി താഴെ പോകുന്നു ഗാന്ധി വം ശ്രംസത്തെ ഹസ്താ ത്വ പരിദ്യത്തെ എൻ്റെ തൊലി മുഴുവൻ ദഹിക്കുന്നു കൃഷ്ണ ത്വ പരിതഷ്യത്തെ ച ശക്തസ്ഥാത്തും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ വീണ് പോവും നഹിശക്നവും വ്യവസ്ഥാത്ത ഭ്രമതീയുവശമേ മനഃ എൻ്റെ മനസാകപ്പാടെ ഭ്രമിക്കുന്നു എന്ത് ചെയ്യണമെന്ന് നിശ്ചയമല്ല ഭ്രമതീയുവശമേ മനഃ അപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞു യുദ്ധം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല ഏവമുത്വ ഋഷികേശം ഇങ്ങനെയൊക്കെ തൻ്റെ അവശത്ത് വ്യക്തമായി പറഞ്ഞു കേട്ടിട്ട് ഗുഡാകേശ പരന്ത ന യോത്സ്യായി ഞാൻ യുദ്ധം ചെയ്യില്ല യോത്സയി ഗോവിന്ദമുക്ത ഗോവിന്ദനോട് പറഞ്ഞു ഞാനില്ല എനിക്കിനി യുദ്ധം ചെയ്യാൻ സാധ്യമല്ല തൂഷ്ണയും ബഭൂവഹ ഇത്രയും പറഞ്ഞ് മിണ്ടാതെ മൗനമവലംബിച്ചു അറിജുനൻ എന്നിട്ടോ വിസൃജ്യ സശരൻചാപം രഥോപസ്ത ഉപാവിഷ് വില്ലുമ്പും ദൂരെ എറിഞ്ഞു രഥത്തിൻ്റെ പടിയിൽ ഇരിപ്പോയി എന്താ യുദ്ധം ചെയ്യാൻ ഒന്ന് ഞങ്ങൾ ആളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഞാൻ യുദ്ധം ചെയ്യില്ല ഇതാണ് അർജുന വിഷാദം വിസ്തരിച്ച് ഇനിയും പല ശ്ലോകങ്ങളിൽ ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ആ വിഷാദത്തിൻ്റെ സ്വഭാവം ആർക്കാണി വിഷാദം ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അത് വിസ്തരിച്ചത് അപ്പോൾ എന്താ ഈ വിഷാദം ഈ വിഷാദത്തിന് കാരണമെന്താ ഏകഭുക്ത അർജുനസംഖേ രഥോപസ്ഥ ഉപാവേശം ഇത്രയും പറഞ്ഞ് രഥത്തിൻ്റെ പടിയിൽ ഇരിപ്പായി വിസൃജ്യ സശരം ചാപം അമ്പോടുകൂടി വലിയ ദൂരത്തെറിഞ്ഞ് ശോക സംവിഘ്ന മനസ ശോകം കൊണ്ട് ആകെത്തളർന്ന ആകെത്താറുമാറായ മനസ്സോടുകൂടി അർജുനൻ ഇരിപ്പോയി അപ്പോഴാണ് കൃഷ്ണൻ ഇത് പറ്റില്ലല്ലോ കൃഷ്ണനല്ലേ വിളിച്ചുകൊണ്ടൊക്കെ വന്നത് തേരെ തെളിക്കാൻ തയ്യാറായി ഭഗവാൻ ചോദിച്ചു അർജുനോട് അർജുന ഇതാണ് പ്രധാന പദ്യം കുതകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന അർജുന കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം വിഷമസ്ഥിതിയിൽ ഉണ്ടായ ഈ അതിനിസ്സാരമായ മനസ്സിൻ്റെ മാറ്റം നിനക്കെവിടുന്ന് വന്നു വിഷമസ്ഥിതിയിലേ ഇത് വരൂ അത് നിനക്കെങ്ങനെ വന്നു കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിത്തം വിഷമേ സമുപസ്ഥിതം പ്രത്യേകം ഓർമ്മിക്കേണ്ട വാക്കാണ് ഗീതയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില വാക്കുകളെങ്കിലും ഓർമ്മിച്ച് വെക്കുക വിഷമേ എന്ന് വെച്ചാൽ ഒരു വിഷമഘട്ടത്തിൽ എന്നൊക്കെ ചിലരർത്ഥം പറഞ്ഞു വരും അതല്ല അർത്ഥം വിഷമം സമം ഇത് രണ്ടും ഗീതയില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് കുതസ്ത്മലമിതം വിഷമയ സമൂഹസ്ഥിതം അനാര്യജുഷ്ടം ആര്യന്മാർ സജ്ജനങ്ങൾ ഒരിക്കലും നിനക്ക് സംഭവിച്ച ഈ അവസ്ഥയിൽ എത്തിച്ചേരാറില്ല അനാര്യജുഷ്ടം അസ്വർഗ്യം നിൻ്റെ ഈ ഭാവം നിന്നെ നരകത്തിലേക്ക് നയിക്കും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല അകീർത്തികരം അങ്ങേറ്റവും അകീർത്തിയും ഉണ്ടാക്കും എന്ന ഇവിടെ വിഷമേ സമുപസ്ഥിത്തം ആണ് വിഷമം ഇത് ഓർമ്മിച്ച് വെക്കുക ഉപനിഷത്തുക്കളുടെ സാര സർവസ്വമാണ് ഗീത സർവോപനിഷദോ ഗാവ ദൂക്ത ഗോപാലനന്ദന എല്ലാ ഉപനിഷത്തുക്കളും ആകുന്ന പശുക്കളിൽ നിന്ന് ഗോപാലകൃഷ്ണനായ കറവക്കാരൻ കറന്നെടുത്ത അമൃതമാണ് ഗീത അപ്പോൾ ഗീത നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന പരമമായ സത്യം നമുക്ക് ഓർമ്മ വേ ഉപനിഷത്തുക്കൾ എന്നേക്കുമായി ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയമായ സത്യമാണ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് ഉപനിഷത്തുക്കൾ കണ്ടെത്തിയിൽ കവിഞ്ഞ് എത്തിയതിൽ കവിഞ്ഞ് ഇനി ഒരു സത്യം ലോകത്താരും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല ഇതാണ് വേദാന്തം വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത് ഇതാണ് ഉപനിഷത്തുക്കളുടെ പെരുമ്പറഘോഷം എന്താണ് ഉപനിഷത്തുക്കൾ കണ്ടെത്തിയ സത്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ ബ്രഹ്മം മാത്രമാണ് സത്യം ബ്രഹ്മെന്നു വച്ചാൽ ബോധം പലതായി കാണുന്ന ഈ ജഗത്ത് മിഥ്യ ഇല്ല അങ്ങനെ ജഗത്തെന്ന ഒരു വസ്തു ഇല്ല വസ്തുവായിട്ടുള്ളത് ബോധം മാത്രം ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മയുപോ നമ്മുടെയൊക്കെ ഉള്ളത് ഞാൻ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ജീവൻ ബ്രഹ്മ ബ്രഹ്മം തന്നെ ഇതി വേദാന്ത ഡിവാഹം അനയന വേദ്യം സത്ശാസ്ത്രം ഇത്രയേ ഉള്ളൂ നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം കൂടുതലൊന്നും ചിന്തിക്കാനോ കേൾക്കാനോ ഇല്ല ബ്രഹ്മസത്യം ഓർമ്മിച്ച് വയ്ക്കുക ബ്രഹ്മ ബോധം ഉപനിഷത്ത് തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രജ്ഞാനം രഹ്മാ ബോധം ആ ബോധമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ചില ചോദിക്കാറുണ്ട് എന്താ സാർ ഈ ബോധം അതങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ അതെ ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഏത് ഈ ലോകത്തിൽ ആരിലായാലും മൃഗത്തിലായാലും പക്ഷിയിലായാലും സൂര്യനിലായാലും ചന്ദ്രനിലായാലും നമ്മിൽ ഓരോരുത്തരിലുമായാലും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഞാനുണ്ട് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ട് ആ വസ്തുവാണ് ബോധം ആ ബോധം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നനുഭവിക്കുവാൻ ആ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ രണ്ടാമതൊരു വസ്തു അതുകൊണ്ട് അതാണ് സത്യം എവിടെ എവിടെയൊക്കെ ആർക്കൊക്കെ എന്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തു സത്യം ഇതാണ് പ്രഖ്യാപനം ഇത്രയേ ഉള്ളൂ പലത് കാണുന്നത് ഭ്രമം എന്നുവെച്ചാൽ വസ്തുബോധം പലത് കാണുന്നത് ആ ബോധത്തിൽ ആവർത്തിച്ച് ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ ചാന്തോദ്യോപനിഷത്തിൽ അച്ഛന് മകന് വ്യക്തമായി ഇത് വെളിപ്പെടുത്തിക്കൊടുക്കുന്നു ഉദാഹരണവും പറഞ്ഞു കൊടുക്കുന്നു നമുക്കൊക്കെ മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ വേദാന്തം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊന്നും പിടികിട്ടില്ല പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട് ഈ പ്രപഞ്ചൻ മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ സാർ ഞങ്ങൾക്ക് ജീവിക്കണ്ട ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കണമല്ല സത്യം ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ ശാസ്ത്രീയവുമായ സത്യം ആ സത്യം ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ സാർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സത്യമാവാൻ പറ്റില്ല സത്യത്തിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടം ഉണ്ടാക്കിക്കുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ശാസ്ത്രീയ സത്യം ഒരിക്കലും സാധ്യമല്ല ബോധം ഈ ജഗത്തിൽ സത്യം അതായത് ബ്രഹ്മം സർവം ബ്രഹ്മമയം സർവം കലവിതം ബ്രഹ്മ ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മം തൻ്റെ എന്താ ഈശാവാസമേ തന്നെ ഈശാവാസോപനിഷത്ത് ഇവിടെ എടുക്കണം എന്നാണ് ഞങ്ങളാദ്യം കരുതിയത് പക്ഷേ അത് പിന്നെ മാറ്റിയ ഗീത മത ഗീത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണല്ലോ ആയിക്കോട്ടെ ഗീത ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്ത് സത്യം തന്നെയാണ് ഗീത പറയുന്നത് അപ്പോൾ ഈശാവാസ്യം എന്തുന്നു ആദ്യത്തെ മന്ത്രം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഈശ്വരൻ ശാസ്ത്രീയമായ ഉപനിഷത്ത് സത്യം ബ്രഹ്മം ബോധം ഞാൻ വീണ്ടും വീണ്ടും ബോധമെന്ന് കൂടെ പറയുന്നത് ബ്രഹ്മം എന്ന് മാത്രം പറഞ്ഞാൽ പലർക്കും പിടിയിട്ടില്ല ബ്രഹ്മം എന്നു പറയുന്ന എന്തോ ഒരു വലിയ സാധനമാണ് അതിങ്ങനെ എടുത്തു തരാൻ പറ്റും എന്നൊക്കെയാണ് ചിലരുടെ വിചാരം പ്രജ്ഞാനം ബ്രഹ്മ എന്നുപനിഷത്ത് തന്നെ പറയുന്നു ബ്രഹ്മം ബോധം ഈ ബ്രഹ്മം ീശാവാസ്യവിധം സർവം ഈ കാണുന്ന സർവവും ആ ഈശ്വരനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു സർവവും എന്ന് വെച്ചാൽ എല്ലാം യത്കിഞ്ച ജഗത്യം ജഗ ജഗത്തെന്നറിയപ്പെടുന്ന ഇവിടെ എന്തെന്തൊക്കെ ഉണ്ടോ ആയാലും വലുതായാലും അത് മുഴുവനും ഈ ഈശ്വരനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ബോധത്താൽ അതായത് പ്രാണസ്പന്ദനം മുതൽ പ്രാണസ്പന്ദനത്തിന് ആധുനിക ശാസ്ത്രം എന്ന് പറയും എനർജിയുടെ വൈബ്രേഷൻ എനർജിയുടെ വൈബ്രേഷൻ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എന്തെന്തെല്ലാം ഇവിടുണ്ടോ എല്ലാം ബോധത്തിൽ ബോധത്താൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു എനർജി സ്പന്ദിക്കുന്നത് ബോധത്തിലാണ് സ്പന്ദിക്കുന്നതിന് മുൻപ് ബോധമല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു എനർജി സ്പന്ദിച്ചു ബോധത്തിൽ നിന്ന് സ്പന്ദിക്കുന്ന എനർജി ബോധമല്ലാതെ എന്താവും ഇതൊക്കെ നമുക്കൊക്കെ മനസ്സിലാവും വെള്ളത്തിൽ ഒരു കുമിള പന്തി ആ കുമിള വെള്ളമല്ലാതെ മറ്റെത്താവും കുമിള പൊന്തുന്നതിന് മുൻപ് വെള്ളത്തിൽ വേറൊന്നുമില്ലായിരുന്നു ഈ കുമിള പിന്നെ തിരയായി അപ്പോഴും വെള്ളം വേറെ ആ തിര അങ്ങനെ അടിച്ച് ഒഴുകിപ്പോയി വെള്ളം എന്തെല്ലാം ബഹളം ഉണ്ടായാലും വെള്ളമില്ലാതെ വേറെ ഇത് ഉപനിഷത്ത് ചാൻ നോക്കി ഉപനിഷത്ത് പറയുന്നത് ദൃഷ്ടാന്തം സ്വർണം സ്വർണം കൊണ്ട് നിങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു സ്വർണം ആദ്യം അടിച്ചു ഒരു തകടാക്കി സ്വർണം തകടായി ഒരു ഒരു രൂപം തകടുന്ന പേര് തകടൊരു രൂപം തകരുന്ന പേര് പക്ഷേ വസ്തുതായി വല്ലതുകൊണ്ട് സ്വർണം ഈ ഇതിലൊക്കെ നോക്കുക വല്ല സംശയമുണ്ടോ അതുകൊണ്ട് ലളിതമായ ദൃഷ്ടാന്തം വസ്തു സ്വർണം ആ തകട്ട് പിന്നെ കമ്പിയായി ആയിക്കോട്ടെ കമ്പി വേറൊരു രൂപ രൂപം മാറി വരും രൂപവും പേരും മാറി വരും കമ്പി എന്ന പേരെ കമ്പിക്ക് പ്രത്യേക രൂപം പക്ഷേ സ്വർണമല്ലാതെ വരെ വസ്തുവേരകളുണ്ടും സ്വർണത്തിൽ നിന്നാണ് തകടുണ്ടായത് അതുകൊണ്ട് തന്നെ തകട് സ്വർണം ആ തകട് പിന്നെ കമ്പിയായി അതും സ്വർണം വളയായി അപ്പോഴും സ്വർണം ഇനി എന്തെന്തെല്ലാം ആഭരണം ഇങ്ങനെ ഉണ്ടാവട്ടെ വസ്തു സ്വർണം പിന്നെ പല പല ആഭരണങ്ങളോ അത് സ്വർണ്ണത്തിൽ മാറി മാറി വരുന്ന രൂപങ്ങളും അതിനും നാം നൽകുന്ന പേരുകളും രൂപങ്ങളും പേരുകളും ഒരിടത്തും പുതിയ വസ്തുവിന് ഉണ്ടാക്കുന്നില്ല അപ്പോൾ പിന്നെ ആ രൂപങ്ങളും നാമങ്ങളും ഒരു വെറും കാഴ്ച ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു കുറേ കഴിയുമ്പോൾ പോവും ഒന്നും പുതുതായി വന്നില്ല ഒന്നും പോയതുമില്ല എത്ര വ്യക്തമായ ദൃഷ്ടാന്തം ഇങ്ങനെ രണ്ട് മൂന്ന് ദൃഷ്ടാന്തം ഉപനിഷത്ത് അച്ഛൻ മകന് വ്യക്തമായി പറഞ്ഞുകൊടുക്കുന്നു അപ്പോൾ എങ്ങനെയാണോ ആഭരണങ്ങളിൽ മുഴുവൻ സ്വർണം അപ്പോൾ സ്വർണാഭരണങ്ങൾ കാണുന്ന ഒരാൾ വളകോ മാലകോ കമ്മലോ എന്ത് രൂപമോ കാണട്ടെ ആദ്യം സ്വർണം കാരണം വസ്തു അതാണ് പിന്നെ മറ്റൊക്കെ ആവശ്യത്തിനുള്ള ചില രൂപങ്ങൾ ചില പേരുകൾ പേരുകൾക്കും രൂപങ്ങൾക്കും അനുസരിച്ച് വ്യവഹാരം അതാണ് വ്യവഹാരം വള കയ്യിലിട്ടുള്ളൂ അതാണ് വള വ്യവഹാരം അത് കയ്യിലല്ലാതെ വേറെ ഇടാനൊക്കില്ല കമ്മലിൽ കാതിലിടും അതിലെന്താ തടസ്സം അപ്പോഴും ഓർമ്മിക്കൂ വളയന്ത സ്വർണം കമ്മലന്ത സ്വർണം ആഭരണങ്ങളെല്ലാം സ്വർണം വേറെ അല്പം പോലും വേറൊരു വസ്തുല്ല ഈശാവാസിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ജഗത്ത് എന്ന പേരിൽ എന്തെന്തൊക്കെ ഉണ്ടോ എനർജിയുടെ സ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഈശ്വനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു അകവും പൂർവവും ഞാനൊന്ന് ചോദിക്കട്ടെ ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമതൊരു വസ്തു എവിടെയിരിക്കും വേറെ എന്തു വന്നാലും അതിലും അകവും പുറകും നിറഞ്ഞ ഈശ്വരൻ വേറെ എവിടെ ഇരിക്കും വേറൊരു വസ്തുവിനെ ഇരിക്കാൻ സ്ഥലമുണ്ടോ എല്ലായിടത്തും അകവും പുറകും നിറഞ്ഞ ഈശ്വരൻ ഈശാവാസ മനുഷ്യത്തിലെ ആദ്യത്തെ മന്ത്രം നമ്മോട് പറയുന്ന അതാണ് ഈശാവാസ്യമിതം സർവം ഇനി ആർക്കെങ്കിലും സംശയം വന്നേക്കാം ചെറിയ പ ചെറിയ കാഴ്ചകളിലും ഒക്കെ ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണോ യദ് കിഞ്ച ജഗത്യാം ജഗത്ത് ഈ ജഗത്തിൽ ജഗത്തായി എന്തെന്തൊക്കെ കാണപ്പെടുന്നു അതും മുഴുവൻ ഈശാവാസ്യം ഈശാവാസ്യം ഉപനിഷത്ത് മുഴക്കൊന്നും പഠിക്കണ്ട പഠിച്ചോളാം പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആ സാർ പറഞ്ഞു ഇനി ഈശാവാസ്യം പഠിക്കണ്ട അതല്ല ഈ ഒരൊറ്റ മന്ത്രം ഓർമ്മിക്കാമോ ഓർമ്മിച്ച ഓർമ്മിച്ചാലോ ഈ മേശ ഈശ്വരൻ മേശയിലകവും പുറവും തിങ്ങി ഈശ്വരൻ വേറൊരു വസ്തു ഇവിടെ ഇരിക്കും മേശ പറയുന്നത് അതിൽ ഒരു രൂപം മേശ എന്നുള്ള പേര് ആ രൂപവും പേരും പുതിയ വസ്തുവിനും ഉണ്ടാക്കിയിട്ടില്ല ഇനി എന്ത് വേണോ എടുത്തു നോക്കിയോളൂ ഉപനിഷത്ത് പറഞ്ഞതല്ലേ ഇതിനേക്കാളൊരു സത്യം ഇനി ലോകത്താർ പറയാൻ പോകും നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ പോലും സാർ എനിക്ക് പിടികിട്ടുന്നല്ല പിടികിട്ടില്ലെങ്കിലും ഈശാവശു ഉപനിഷത്ത് പറഞ്ഞിരിക്കുകയല്ലേ ഈശാവസ്യമിന്ത സർവം ഞാൻ അതങ് തീരുമാനിച്ചു ആ തീരുമാനിച്ചതുകൊണ്ട് കാണുന്നതിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഈശ്വരനെ കാണും വ്യവഹാരം വേറെ നമ്മൾ പറഞ്ഞല്ലോ വള കൈയിലിടാൻ കമ്മൽക്കാലിലിടാൻ അതുപോലെ ചോറ് വച്ചാൽ ഭക്ഷിക്കാൻ അയ്യോ ഇത് ഈശ്വരനല്ലേ ഭക്ഷിക്കാമോ ഈശ്വരനല്ലാതെ മറ്റിവിടം ഒന്നുമില്ല അകവും ഭക്ഷിക്കുന്നയാളും ഭക്ഷണവും അതല്ലേ ഗീത തന്നെ പറയുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാഗ്രവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ്യത്തേന ഗന്ദ ബ്രഹ്മകർമ്മ സമാധിന എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇതോർമ്മിക്കുക ബ്രഹ്മം കൊല്ലുമ്പോൾ പോലും അർജുന അത് ഇതാണ് ഗീതയിൽ പറയുന്നത് എന്താ ഇത് ഓർമ്മിച്ചാൽ ആ കൊല്ലുന്നില്ല ബ്രഹ്മത്തെ ആർക്കും കൊല്ലാനൊക്കില്ല നാമരൂപങ്ങളെ ഇല്ലാതാക്കാം ഒരു വളയെ കമ്മലാക്കി മാറ്റുമ്പോൾ അതിലിരിക്കുന്ന സ്വ സ്വർണത്തെ നശിപ്പിക്കാൻ പറ്റുമോ പിന്നെ കൊന്നതെന്തിനാ വള എന്ന രൂപത്തെ ആ രൂപം മരിച്ചോ പുതിയ ഒരു കമ്മൽ എന്ന രൂപം ജനിച്ചു വാസ്തു വലതും ജനിച്ചവും വസ്തുവിന് നാശമുണ്ടാകും ഗീത തുടർന്ന് പറയുകയല്ല അതൊക്കെ അടുത്ത ദിവസം അടുത്ത ആഴ്ച നമ്മൾ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യും എന്തായാലും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജ ജഗത്യം ജഗത് തീരുമാനിക്കുക ഞാൻ എന്ത് കണ്ടാലും ഉള്ളിൽ ്രഹ്മമാണ് എന്നോർമ്മിക്കും അത് അങ്ങനെ ഓർമ്മിക്കാൻ ആര് പറഞ്ഞു ഈശാവശ്യ ഉപനിഷത്ത് പറഞ്ഞു ഇനി എനിക്കാരെയാണ് പേടിക്കേണ്ടത് ഞാൻ ഓർമ്മിക്കും തീരുമാനിക്കാമോ ഇനി എന്താ സംശയിക്കാൻ അത് ഓർമ്മിക്കാൻ കുറച്ച് ദിവസം ഒന്ന് ശീലിക്കണം എന്താ പ്രയാസം ഈ മേശ കാണുമ്പോൾ ഈ മേശ ഇതിലകവും പുറവും നിറഞ്ഞ് ഈശ്വരൻ ഇരിക്കുന്നു ആര് പറഞ്ഞു ഈശാവശ്യോപനിഷ ഗീത എത്രയോ സ്ഥലത്ത് പറയ പറയുന്നു എത്രയോ സ്ഥലത്ത് ഈശാവവാസ ഉപനിഷത്ത് പറയുന്നു പിന്നെ എന്തിനാ പേടിക്കാൻ ആരോടും പറയണ്ട ഉള്ളിൽ ഓർമ്മിക്കുക ഉള്ളിൽ അടുക്കളയിലായാലും പാടത്തിലായാലും അർജുന യുദ്ധക്കളത്തിലായാലും സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധ ഭീഷ്മരുടെ നേർക്ക് അങ്ങനെ ഗാന്ഡീവം കൊലച്ച് ഒരമ്പയ്യുമ്പോൾ ഇളനീയും ബ്രഹ്മം ഗാന്ഡീവം ബ്രഹ്മം അമ്പു കൊലയ്ക്കുന്നത് ബ്രഹ്മപൂജ ഭീഷ്മർ ബ്രഹ്മം നേരമ്പോക്കൊന്നും അല്ല ഇത് അത് ഇത് ശാസ്ത്രീയമായ സത്യം ഇനി ആര് ആർക്ക് ആരെ ആർക്ക് കൊല്ലാൻ കഴിയും ആർക്ക് മരിക്കാൻ കഴിയുകയും ഇവിടെ വിചാരിച്ചാൽ പോലും ആർക്കും മരിക്കാനൊക്കില്ല ജനിക്കാനും ഒക്കില്ല കാരണം ഈ ബ്രഹ്മം ജനിക്കുന്നതും മരിക്കുന്നതും അല്ല അതിൽ നാമരൂപങ്ങൾ വരും പോവും വരും പോവും ഒരു നാമരൂപം വരുന്നതുകൊണ്ടോ ഒരു നാമരൂപം പോകുന്നതും ഉണ്ടോ ഇവിടെ ആരും ജനിക്കുന്നില്ല ആരും മരിക്കുന്നില്ല നജായത്തേ മൃഗത്തെയ കഥാ ചീത ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ആര അതിനാ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആത്മതത്വം ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല യയയനം വേക്തിഹന്താരൻ യശ്ചൈനം മന്യത്തെ ഹസം ഉഭവ തൗ ന വിജാനീ തവും മായം ഹന്തി നന്യത്തെ ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായുമൊക്കെ കരുതുന്നത് അവനറിയുന്നില്ല അവനീ വസ്തുവിനെ അറിയുന്നതേയല്ല ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നുമില്ല ഇതൊക്കെ കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നു അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ഇനി ഏഴാം തി നമ്മളെ ഇതുപോലെ ഈ സമയത്തൊരു ക്ലാസ്സുണ്ട് ഇവിടെ അന്ന് കുറച്ചുകൂടെ വിസ്തരിച്ചു പറഞ്ഞിപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത് ഉറപ്പ് വരുന്ന ഒരാൾക്ക് മനസ്സ് സമനല്ല പിക്കുന്നു കൃഷ്ണൻ പറയുന്ന ബ്രഹ്മനിഷ്ഠ മനസ്സിൻ്റെ സമ നല്ലതാണ് അല്ലാതെ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇവിടെ നാം പേടിക്കാനൊന്നുമില്ല നമ്മുടെ മനസ്സൊക്കെ ഇപ്പോൾ ഇളകി മറിയുന്നു അതെന്തുകൊണ്ട് ഇവിടെ പലതുണ്ട് അവനെൻ്റെ ശത്രു ഇവനെൻ്റെ മിത്രം അവൻ കൊള്ളരുതാത്തവൻ ഇവൻ കൊള്ളുന്നവൻ ഒന്നുമില്ല ഒന്നുമില്ല ഈശാവാസ്യനിതം സർവം യത്കഞ്ച ജഗത്യാം ജഗത്ത് അതുകൊണ്ട് ഞാൻ അല്ല സാർ ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ഇപ്പോൾ എങ്ങനെ ദൂരെ നിന്ന് കരുതാമത് ഈശ്വരൻ അവരോട് പോയി പറയണ്ട ഇപ്പോൾ ഒരു പട്ടിക മറ്റോ അടുത്തിയെന്ന് അല്ല നീ ഈശ്വര ഒന്ന് പറ ദൂരെ നിന്നാൽ ഇതാരെ ഭാഗവതത്തിൽ കപിലൻ്റെ അമ്മയോട് പറയുന്നു അമ്മയോട് എന്താ അമ്മ അമ്മ കൊട്ടാരത്തിലിരുന്ന് ആ റോഡേ പോകുന്ന സകല ജന്തുക്കളെയും മനസ്സാ പ്രണമിക്കൂ എന്നാണ് മനസ്സെയ്താന് ഭൂതാന് പ്രണമേ അത് അമ്മയോട് മകൻ പറയുക എന്താ ഈശ്വരവോ ജീവകല ആ പ്രവിഷ്ടോ ഈ സകല ജീവികളിലും ഈശ്വരൻ ജീവരൂപത്തിൽ പ്രവേശിച്ച് നിൽക്കുന്നു അതുകൊണ്ടത് ഇവയൊക്കെ ഈശ്വരൻ അമ്മ അടുത്തു പോകേണ്ട ഇവിടെ നെയ്യും മനസ്സെയ്താന് ഭൂത്താന് പ്രണമേ മനസ്സുകൊണ്ട് ഈ ജീവികളെയൊക്കെ പ്രണവിക്കൂ അപ്പോൾ ഒരാൾക്ക് ഈ തത്വം ഉറച്ചു ഉറച്ചു എങ്ങനെ ഉറച്ചു ഇപ്പം എന്ത് കണ്ടാലും ്രഹ്മമാണെന്ന് മനസ്സിൽ ഉറപ്പുവരും ആരോടും പറയുന്നില്ല അത്യാവശ്യമുള്ളവരോട് പറയും അല്ലാത്തവരോടൊന്നും പറയുന്നില്ല എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് ഉറപ്പുവരും ഉറപ്പ് വരുമോ അത് തീർച്ചയായിട്ടും ഉറപ്പ് വരും ഒരു സംശയവുമില്ലേ ഒരു സംശയവും ഇല്ല അങ്ങനെ ഒരാളിനുറപ്പ് വന്നാൽ ആ മനസ്സാണ് പൂർണ്ണമായും സമനിലയിലെത്തി മനസ് സമനില ഗീതയില്ല യോഗം ഗീത പറയുന്ന യോഗം ആദ്യം എല്ലാവർക്കും ഇല്ല ഈ ഇതഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ കർമ്മം ചെയ്യുമ്പോൾ എല്ലാം ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക ഫലം കിട്ടുമ്പോൾ ഓർമ്മിക്കുക ആരോടും പ്രത്യേകിച്ച് രാഗമില്ല ആരോടും പ്രത്യേകിച്ച് ദ്വേഷമില്ല എന്താ കാര്യം എല്ലാം ഈശ്വരൻ ഞാനും ഈശ്വരൻ അമ്മമാർക്കൊന്നും പേടിയാവുന്നില്ലല്ലോ ആരോടും പറയണ്ട എല്ലാ അടുക്കളയും കയറി നല്ല ചായ ഈശ്വരൻ ഒന്നാന്തരം ചായ ബ്രഹ്മം നേരം പോക്കല്ല വസ്തുത ഏതാണ് ചായയിൽ ബോധം ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ അമ്മമാർ വിചാരിച്ചാലും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഉറപ്പുവന്ന മനസ്സാണ് സമനില പ്രാപിച്ച മനസ്സ് സമനില പ്രാപിച്ച മനസ്സ് ബ്രഹ്മം ഈ രണ്ട് വാക്കും എഴുതിക്കൊള്ളുക സമനില വിഷമനില സമനില പ്രാപിച്ച മനസ്സ് ബ്രഹ്മം ഈ ബ്രഹ്മത്തിലെ നാമരൂപങ്ങൾ സത്യമാണ് എന്ന് കരുതി രാഗദ്വേഷത്തിൽ പെട്ടുഴലുന്ന മനസ്സാണ് വിഷമ മനസ്സ് വിഷമം എന്നില്ല അർജുനൻ ഇപ്പോൾ ആ വിഷമസ്ഥിതിയിലാണ് ലോകത്ത് മിക്കവാറും ആളുകൾ ആ വിഷമസ്ഥിതിയിലാണ് ആ വിഷമസ്ഥിതിയാണ് ഇനി ലോകത്ത് സകല പ്രശ്നവും ഉണ്ടാകുന്നത് അർജുനൻ ആ വിഷമസ്ഥിതിയിലാണ് ഭീഷ്മർ വേറെ ദ്രോണർ വേറെ ഭീഷ്മരൻ്റെ അപ്പപ്പൻ ദ്രോണർ ഗുരു സാറപ്പോൾ അങ്ങനെയൊന്നും കരുതണ്ടെന്നാണോ വ്യവഹാരത്തിന് എന്ത് വേണോ കരുതിക്കോളൂ പക്ഷേ ഭീഷ്മർ ബ്രഹ്മം ദ്രോണർ ബ്രഹ്മം പ്രത്യേകിച്ച് ഒരു ഭീഷ്മരില്ല ഒരു ദ്രോണരില്ല ഭീഷ്മരും ദ്രോണരും ഉണ്ടെന്ന് തോന്നുന്നത് രണ്ട് നാമരൂപങ്ങൾ ഭീഷ്മരോട് ഒരു രൂപം ഭീഷ്മർ എന്ന പേര് ആ പേരും രൂപവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല ബോധമാണ് ഭീഷ്മർ ബോധമില്ലയോ ഭീഷ്മരില്ല നമ്മളൊക്കെ അതെ സംശയമുണ്ടോ ബോധമില്ല പിന്നെ നമ്മളൊക്കെ ഉള്ളൂ അയ്യ് തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ബോധമാണ് ഭീഷ്മർ ദ്രോണരഭീഷ്മരാണ് ഈ രൂപത്തിൽ വന്നപ്പോൾ അപ്പൂപ്പൻ ഗുരുവും എന്നൊക്കെ കരുതി അതൊക്കെ കരുതി പ്രവർത്തിച്ചുള്ളൂ അപ്പൂപ്പനോട് അപ്പൂപ്പനൻ എന്നുള്ള മട്ടിൽ പെരുമാറിക്കോളൂ പക്ഷേ ഇതോർമ്മിച്ചുള്ളൂ അപ്പൂപ്പൻ ബ്രഹ്മം അങ്ങനെ അത് എവിടെ യുദ്ധക്കളത്തിൽ പോലും അർജുന ഓർമ്മിക്കണം തൽക്കാലം ഇതോർമ്മിക്കുക ഞാൻ പറഞ്ഞില്ലേ ഗീതയൊക്കെ വായിക്കുമ്പോൾ ചില വാക്കുകളെങ്കിലും ഓർമ്മിച്ച് വെക്കുക സമം ബ്രഹ്മം വിഷമം പ്രപഞ്ചം പ്രപഞ്ചം എന്നുവെച്ചാൽ സൂര്യൻ ചന്ദ്രൻ മനുഷ്യൻ പക്ഷി മൃഗം എന്തെല്ലാം തരത്തിലുള്ള മൃഗങ്ങൾ ഈ ടി ഒക്കെ നോക്കുക മൃഗങ്ങൾ അത്ഭുതം തോന്നും നമുക്ക് അത്ഭുതം ഇതെവിടുന്ന് അതാണ് പറയുന്ന ഇതെവിടുന്ന് അല്ലാതൊക്കെ പൂർവ്വജന്മം മനസ്സില് എന്ത് പൂർവ്വജന്മം ഈ ടി വിയിലൊക്കെ എത്തുന്ന ചാനലുണ്ട് നിങ്ങളൊക്കെ കണ്ടിരിക്കാൻ വരും പക്ഷെ ഡിസ്കവറി അല്ലെങ്കിൽ അനിമൽ വേൾഡെന്ന് പറഞ്ഞൊരു ചാ ഈശ്വര ഇങ്ങനെയുള്ള ജന്തുക്കളെ അവൾ ഭക്ഷണവും അവയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടാൽ എന്ത് പൂർവ്വജന്മം അപ്പോൾ അങ്ങനെയൊന്നും പറയാനൊക്കെ സാർ നോക്കുകയില്ല അല്ല സാറിൻ്റെ സ്വന്തം അഭിപ്രായമാണോ ശങ്കരൻ തീർത്തു പറയുന്നു തീർത്ത് എന്ത് പൂർവ്വജന്മം പൂർവജന്മം അംഗീകരിക്കാം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയണം ആദ്യത്തെ ജന്മം ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മമെങ്കിൽ ആദ്യത്തെ ജന്മം എപ്പോൾ അല്ല സാറാ അത് കുറച്ച് കടുത്ത ചോദ്യമായി പോയി അവ അങ്ങനെയില്ല ഒരു ശ്രീശങ്കരൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഈ വിഷമസ്ഥിതി അന്ധപരമ്പര കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര അന്ധപരമ്പരയും സംസാര സരണിഹെ വേണമെങ്കിൽ എഴുതിയിട്ടോളുക ഭാഷ്യത്തിൽ അദ്ദേഹം ആദ്യം പറയുന്നതാണ് അന്ധപരമ്പരയം അന്ധപരമ്പരാം സംസാര സരണിഹേ അപ്പോൾ ഈ രണ്ട് പദവും ഓർമ്മിച്ചുകൊള്ളുക സമം ബ്രഹ്മം വിഷമം പ്രപഞ്ചം എന്ന് വെച്ചാൽ പലതുള്ള തോന്നൽ ഗീത പറയുന്നുണ്ടോ സാർ ഗീത എന്ന് ഭംഗിയായിട്ട് പറയുന്നു വ്യവസായാത്മിക ബുദ്ധിരേഖ ഗീത ശ്ലോകമാണ് വ്യവസായാത്മിക ബുദ്ധിരേഖ സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നു മാത്രം ബ്രഹ്മം അല്ല എല്ലാം ബ്രഹ്മം ബ്രഹ്മ അതെന്ന് പറഞ്ഞ ആളുകൾ ഭ്രാന്താണെന്ന് പറയില്ലേ സാർ അല്ല പറയണ്ട ഓർമ്മിച്ച ആരോടും പറയാൻ പോകണ്ട എന്ന് പറഞ്ഞില്ലേ ഗീത പറയുന്നല്ലേ വ്യവസായാത്മിക ബുദ്ധിരേഖ ഇതിനെന്താ അർത്ഥം വ്യവസായാത്മിക നിശ്ചയം വന്ന ബുദ്ധി ഏക ഒന്നു മാത്രം ബ്രഹ്മബുദ്ധി ബഹുശാഖാ ഹ്യനന്താശ്ചുദ്ധയോ അവ്യവസായിനാം സത്യം വരാത്തവരുടെ ബുദ്ധി നമ്മളെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ വരെ ബുദ്ധി ബഹുശാഖാ ഹ്യാഹ ശാഖോപശാഖമായി പിരിഞ്ഞ് എന്താ കാര്യം ഇവിടെ സൗരയൂഥങ്ങൾ തന്നെ കോടിക്കണക്കിനുണ്ടെന്നാണ് സൂര്യന്മാർ തന്നെ കോടിക്കണക്കിന് ഇതിങ്ങനെ ഉണ്ടായി പൂർവജന്മങ്ങളുണ്ടായതാണോ കോടിക്കണക്കിന് സൂര്യന്മാർ പുതിയ പുതിയ സൂര്യന്മാരെയൊക്കെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു വെറും ഭ്രമം നടക്കട്ടെ അതിലൊന്നും ഒരു വിരോധമില്ല അതൊക്കെ വേണം ചുരുക്കത്തിൽ ഉപനിഷത്ത് കാട്ടിത്തരുന്ന ഈ സത്യത്തെ കവിഞ്ഞൊരു സത്യം ഇനി ലോകത്ത് ആരും ഇനിമേലും കണ്ടെത്താൻ അപ്പോൾ ഈ സത്യം രഹസ്യമായിട്ട് മനസ്സിനെ പഠിപ്പിക്കുക രഹസ്യം ആരോടും പറയുന്നില്ല കണ്ടാൽ നമ്മളൊക്കെ കണ്ടാൽ ഒന്നാന്തരം ലൗകികൻ പക്ഷേ നമ്മളുടെ ഉള്ളിൽ സർവം ബ്രഹ്മമായ നല്ലവണ്ണം ഓർമ്മിക്കുന്നു അമ്മമാർക്കൊന്നും ഇതൊന്നും ഒരു പ്രയാസവും ഇല്ലല്ലോ ഇതിലെന്താ പ്രയാസം വേണമെങ്കിൽ ഒരു എട്ട് പത്ത് ദിവസം മറക്കുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കണം അടുക്കളയിൽ കയറിയാലും വാസിഷ്ടമൊക്കെ പറയുന്നു അടുക്കളയിലും ഒക്കെ കയറി എന്തെങ്കിലും കൃഷ്ണൻ പറയുന്നത് ഏത് കരോഷി ഏത് അശ്വനാസി നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു ഈശ്വരൻ അങ്ങനെ ഈശ്വരനെ ഭക്ഷിക്കാമസ ഭക്ഷണം ഭക്ഷിക്കലും ഈശ്വരൻ ഭക്ഷിക്കുന്നു നമ്മളും ഈശ്വരൻ ഇതൊക്കെ ഒരു നേരം പൂക്ക് ഒരു വെറും നേരം പൂക്ക് വിഷമം വരുന്നത് എപ്പോഴാണ് പലതുണ്ടെന്ന് തോന്നുമ്പോൾ ഒരാൾ മരിക്കുന്നു വിഷമം എന്താ ആ ആൾ സത്യമാണ് മരണം സത്യമാണ് എന്ന് തോന്നുമ്പോഴല്ലേ വിഷമം നേരെ പറഞ്ഞു ഈ സത്യം ഉറപ്പുവന്നും ഇവിടെ വേറൊന്നുമില്ല ബ്രഹ്മമേ ഉള്ളൂ അത് മരിക്കുന്നില്ല മരണമില്ല ജനിക്കുന്നുമില്ല ഭീഷ്മർ കൊല്ലപ്പെടുന്നില്ല ഭീഷ്മരെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല അർജുന ഇനി ഭീഷ്മർ മരിക്കുന്നതിൽ നിനക്ക് ദുഃഖമുണ്ടോ ദുഃഖമുണ്ടെങ്കിൽ ഭീഷ്മർ ബ്രഹ്മമാണെന്ന ശാസ്ത്രീയമായ പരമസത്യം നിനക്കുറപ്പുന്നില്ല നിനക്ക് പിടിയില്ല അതാണ് വിഷമ കുതസ്ത്വ കശ്മലിതം വിഷമേ സമുപസ്ഥിതം നിൻ്റെ ഈ ദുഃഖം നിൻ്റെ ഈ വിഷാദം മനസ്സിൻ്റെ വിഷമസ്ഥിതി കൊണ്ട് വന്നു ചേരുന്നതാണ് എന്താ വിഷമസ്ഥിതി എൻ്റെ അപ്പപ്പൻ എൻ്റെ ബന്ധുക്കൾ അവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും ഇതാണ് സക്രി ഈ ഈ രാഗദ്വേഷങ്ങൾ അർജുനനെപ്പോലെ ഒരു മഹാധീരനെപ്പോലും നിമിഷം കൊണ്ട് ഒന്നിനും കഴിവില്ലാത്ത ഒരു നിസ്സാരനാക്കി മാറ്റുകയാണ് തറയിൽ ബോധം കെട്ട് വീണു പോകും എന്ന തോന്നൽ വരെ അയാൾ കൊണ്ടാകുന്നു നഹിശക്നോമ്യവസ്ഥാത്തം ഭഗവാനെ കൃഷ്ണ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഞാൻ ഞാൻ വീണു പോകും നഹിശക്നോമ്യവസ്ഥാത്തം അതാണ് പെട്ടെന്ന് രഥത്തിൻ്റെ പടിയിലങ്ങ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും ഇപ്പോൾ ഈ പലയിടത്തും ഇപ്പം പേപ്പർ എന്നെടുത്ത് നോക്കിയാലും അവിടെ ഇന്നും കുഴഞ്ഞു വീണു ഇവിടെ ഇന്ന എന്നാ പാവം എന്തു ചെയ്യുക എന്തൊക്കെയോ എൻ്റേതാണെന്ന് പ്രമിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ഒഴിവൽ പരമദുഃഖത്തിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഗീതയിൽ നിന്ന് പഠിപ്പ് പഠിക്കുന്നത് വിഷമം മാറ്റണം വിഷമം പലതുണ്ടെന്ന് കരുത്തി മനസ്സ് രാഗദ്വേഷങ്ങളിൽ പെട്ടുഴലുന്നതാണ് വിഷമം കുതത്വ കശ്മലം ആ വിഷമത്തിൽ വിഷാദം കശ്മലമാണ് ഒന്നുമില്ല ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്തുകൊണ്ട് സത്യം പിടിയില്ല സത്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം വന്നു ചേർന്ന ഒരു ഭ്രമമാണ് ഈ വിഷാദം ഈ സത്യമുറപ്പിക്കുമോ ശാസ്ത്രീയ സത്യം ഉപനിഷത് സത്യം ഒക്കെ ബ്രഹ്മമാണ് ബോധമാണ് അത് ജനിച്ചതല്ല അത് ജീർണിക്കില്ല അത് മരിക്കുന്നതല്ല സർവത്ര ഇടതിങ്ങി നിൽക്കുന്നു നിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനെന്ന് അനുഭവപ്പെടുന്നത് അസത്യമാണ് ഉള്ളിലെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒന്ന് മാറ്റൂ എങ്ങനെ മാറ്റം കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് ഓർമ്മിച്ച് ഓർമ്മിച്ച് മാറ്റണം മാറ്റിയാൽ അനന്തമായ ആനന്ദം ഉള്ളിൽ അപ്പോൾ ബോധ്യപ്പെടും ഒരു ബോധമേ ഇവിടെയുള്ളൂ എന്നിലും സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ ഉള്ളത് ഒരേ ബോധം കൃഷ്ണൻ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നില്ലേ യത് ആദിത്യഗതം തേജവും ജഗദ്ഭാസ യത് അഖിലം യ്രമ യകിനോ തേജോ വിധി മാമകം അർജുന സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ് ചന്ദ്രനായി പ്രകാശിക്കുന്നത് ഞാനാണ് ഇത് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് സ്വാമി രാമൻ അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നു സ്വാമി രാമൻ വിവേകാനന്ദ സ്വാമിയുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു വേദാന്തം പഠിച്ച് ഇത് കവിഞ്ഞൊരു സത്യമില്ലെന്ന് ബോധ്യമായി ഇറങ്ങി തിരിച്ചുള്ള സൂര്യനായി പ്രകാശിക്കുന്നത് രാമനാണ് എന്നദ്ദേഹം സംശയമൊന്നുമില്ല ബോ നമുക്ക് പഠിച്ചാൽ തന്നെ അറിയാവില്ല ബോധം ഞാൻ ബോധമാണ് ഈ ബോധമാണ് സൂര്യനെ സൂര്യനാക്കി നിറത്തിയിരിക്കുന്നത് എ ചന്ദ്രവസ് എച്ച് അഗ്നവും അർജുന ചന്ദ്രനിലും അഗ്നിയിലും ഒക്കെ പ്രകാശിക്കുന്നത് ഞാൻ തന്നെ അപ്പോൾ ഇത് ഓർമ്മിച്ച് മനസ്സിനെ പ്രയാസമൊന്നുമില്ല നമ്മളാരോടും പറയുന്നില്ല എങ്ങോട്ട് തിരിഞ്ഞാലും സമനില നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഓർമ്മിക്കുക അപ്പോഴാണ് ഒരാളിനെ കണ്ടിട്ട് ഇവനെൻ്റെ ശത്രു എന്ന് പറഞ്ഞുള്ളിലൊരു ദേഷ്യം ഇതാണ് ഈ സമനില നഷ്ടപ്പെടുന്നത് അയാൾ പണ്ടോ പ്രവർത്തിച്ചിട്ട് സാരൻ ഇല്ല അവൻ ബ്രഹ്മമാണ് അങ്ങനെയൊക്കെ വന്നാൽ ഒരു പട്ടി കടിക്കാൻ വന്നാലോ സർ പറ്റുമെങ്കിൽ അവർ കല്ലെടുത്ത് എറിഞ്ഞ് അതിനെ ഓടിക്കണം കല്ലും രണ്ടും ഓടിക്കുന്നതും ബ്രഹ്മം കൊല്ലുന്നത് പോലും കൊല്ലുന്നില്ല അതാണ് ഗീത പറയുന്നത് ഒരു കൊല്ലലും ഇല്ല അതൊക്കെ വേണ്ടിടത്തേ ആവും വേണ്ടാത്തിടത്തൊക്കെ ഈ ഭ്രമത്തിൽ വ്യവഹാരത്തിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിക്കുന്നില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കണം ഈ സത്യം ഉറപ്പ് വന്നയാൾ വേണ്ടാത്തിടത്തൊന്നും ചെയ്യില്ല എനിക്ക് വേണ്ടിടത്ത് അല്പമൊക്കെ ഒന്ന് അഭിനയിക്കും അല്പം ദേഷ്യം വേണമെന്ന് വെച്ചാൽ കുറച്ച് പുറത്ത് പുറമേ അല്പം ദേഷ്യമൊക്കെ ഒന്ന് അഭിനയിക്കുക തീർന്നു അതിനൊന്നും ഒരു വിരോധവുമില്ല ഉള്ളിൽ ആരോടും ദേഷ്യമില്ല ആരോടും പ്രത്യേക രാഗവുമില്ല ദ്വേഷവുമില്ല രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മം ചെയ്യുന്ന ആളിൻ്റെ ഉള്ളിൽ പ്രസന്നത ആവിർഭവിക്കും ഗീത രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനേന്ദ്രിയ ഈശ്വരൻ ആത്മവശ്യ വിധയാത്മാ പ്രസാദമധിഗത്തി ഈ പ്രസാദം വന്നാലുള്ള ഗുണവന്ത പ്രസാദയെ സർവദുഃഖാനാം ഹാനിക ഉള്ളിൽ ഈ പ്രസാദം വരാമെങ്കിൽ സകല ദുഃഖങ്ങളും അപ്പെടുത്തിയിരും ഇത് പെട്ടെന്ന് ഒരു പക്ഷേ പറ്റില്ലായിരിക്കും സാറി ഞങ്ങൾക്ക് പെട്ടെന്നിപ്പോൾ ഒരാൾ ദ്വേഷ വേണ്ട കുറേശ്ശേ അഭ്യസിക്കൂ കൃഷ്ണൻ പന്ത്രണ്ടാമധ്യായത്തിൽ പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് ഉറച്ചില്ലെങ്കിൽ അർജുന കുറേശ്ശേ അഭ്യസിക്കൂ അഭ്യാസയോഗേന അഥോ മാമിച്ഛാപ്തം പരന്തപ്പ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗീത പറയുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് ഗീത പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് വാക്കാണ് സമം വിഷമം സമം രാഗദ്വേഷങ്ങളില്ലാത്ത ശുദ്ധ ബോധം ബ്രഹ്മം വിഷമം രാഗദ്വേഷമയമായ പ്രപഞ്ചം തീരുമാനിക്കുക വിഷമത്തിൽ നിൽക്കണമോ സമത്തിൽ നിൽക്കണമോ വിഷമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മരിക്കുന്നതും വിഷമത്തിൽ മരിക്കേണ്ടി വരും അത് വേണോ അതുകൊണ്ട് എന്താ പ്രയോജനം അപ്പോഴാണ് പിന്നെ പുനർജന്മം ജ എന്തെല്ലാം വിഷമങ്ങൾക്കുമായിട്ട് പോകുന്നു അതൊക്കെ തിരിച്ചു വരും ഭ്രമം ആ ഭ്രമം തിരിച്ചു വരും യഥാർത്ഥമല്ല ആ ഭ്രമം തിരിച്ചു വരും അപ്പോൾ നല്ല ശ്രമം മരിക്കാൻ കിടക്കുന്നു എല്ലാവരും ചുറ്റും വന്ന് ഞെപ്പുണ്ട് എന്നാൽ ഇനിയിപ്പോൾ വല്ലതും വല്ലതും വേണോ ഒന്നും വേണ്ട ധൈര്യമായിട്ട് അത് പറയാൻ കഴിയണം ഒന്നും ആവശ്യമില്ല മരിക്ക അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന ഞാൻ ലൗകികമായി നോക്കിയാൽ പോലും ഇനി അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതാണ് സമം അപ്പോൾ ഇന്നത്തെ ഗീതാദർശനം കൊണ്ട് സമം വിഷമം ഈ സമം ബ്രഹ്മമാണെന്ന് ഭഗവാൻ എന്ത് ഗംഭീരമായിട്ട് ഇഹൈവ തൈർജിതസർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണിത്തെ സ്ഥിത്ത മനസ്സി സമനിലയിലെത്തിയവർ അർജുന ഇവിടെ വെച്ച് സൃഷ്ടിയെ ജയിക്കുന്നു സൃഷ്ടിയിലെ ഒരു ഘടകവും അദ്ദേഹത്തിന് ഒരു തരത്തിലും വിഷമിപ്പിക്കയില്ല ദുഃഖിപ്പിക്കുകയില്ല നിർദ്ദോഷവും സമവുമായ മനസ്സ് തന്നെയാണ് ബ്രഹ്മം അല്ല ബ്രഹ്മം എന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു വസ്തുവൊന്നുമില്ല നിർദ്ദോഷം സമം ബ്രഹ്മ അതുകൊണ്ട് മനസ്സ് സമനിലയിൽ എത്തിയവർ തസ്മാൻ ബ്രഹ്മണി തേ സ്ഥിത്ത അതുകൊണ്ട് അവരൊക്കെ ബ്രഹ്മത്തിൽ എത്തിയവരാണ് ഞാനീ പറഞ്ഞത് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിക്കുന്നവരാണ് ഇന്ന് അധികം എന്തോ നമുക്ക് പിടികിട്ട് നമുക്ക് ഗുരു ഗുരുവായൂരപ്പൻ മതി ഒരു ഒരു കുഴപ്പമില്ല ഗുരുവായൂരപ്പൻ സാക്ഷാത് ബ്രഹ്മം പക്ഷേ ബ്രഹ്മം നമുക്ക് പിടികിട്ടില്ല വാസ്തവത്തിൽ ഇത്ര ലളിതമായ ഇത് പിടികിട്ടാനും അത് അഭ്യസിക്കാനും ഇത്ര ലളിതമായ മറ്റൊരു കാര്യവുമില്ല നമ്മളിനി അടുത്ത ഏഴാം തീയതി ഈ ഗീത രണ്ടാമ എല്ലാ മാസത്തിലും ആദ്യത്തെയും ഒടുവിലത്തെയും ഞായറാഴ്ച ഇവിടെ വെച്ച ഗീ ഗീതാ ചർച്ച ഗീതാദർശനം ഗീതാദർശനത്തിൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യം സമം ബ്രഹ്മം വിഷമം പ്രപഞ്ചം വേണമെങ്കിൽ സമം ബ്രഹ്മം വിഷമം നമുക്ക് അർത്ഥമൊക്കെ അറിയാം ഒന്നും പേടിക്കാനില്ല ഇവിടെ ഈ തത്വം ഗ്രഹിച്ചില്ലെങ്കിൽ പോലും പേടിക്കാനില്ല കാരണം ഇവിടെ ആരും മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല ഒരു കുഴപ്പവും ഇവിടെ ഇല്ല ഈ ജഗത്തിന് ഒരു കുഴപ്പവും ഇല്ല കുഴപ്പം പരിഹരിക്കാമെന്ന് കരുതിയവർക്കാർക്കും ഇന്ന് വരെ പരിഹരിക്കാൻ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ബുദ്ധൻ മുതൽ കാറൽ മാർക്സ് വരെ ഇന്ന് വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒട്ട് പരിഹരിക്കാൻ സാധ്യവുമല്ല ഇതൊരു ഭ്രമമാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും നമുക്ക് നമ്മളെ ബ്രഹ്മബോധം ഉറപ്പിച്ച് മരിക്കുന്നതിന് മുമ്പെങ്കിലും മനസ്സിൻ്റെ ഈ സമനില ഉറപ്പ് വന്നതായി ദൃഢപ്പെടുത്താം ഭഗവാൻ അതിന് എല്ലാവരെയും На тот кластер держу